ാത്തപാവനമചിന്യവൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേമന്തിലഹ ഗുരുമ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവത് വ്യാപ്തേഹ ദക്ഷിണമൂർത്തരി ഓർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണ ഭഗവതി അഷ്ടംബ് അനുസന്ദമി ഭഗവദ്ഗീതീ നമോസ്തുവ്യ സലബുദ്ധേ एनत्वया ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ്രപന്നിജാതോത്രവേത്രൈകണയീനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനഹം വസുദസുത കംസ ചാണൂരമർദന ദമാനന്ദം േ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൻവന്തി വേദസ്രമോപനിഷദൈർ ഗായഗാഹ ദ്ഗ്യോ തന്നദുസുരാഗണേവാസ്മൈ നമ പാർത്ഥസാരതിരുപേണുഭിരം പാർത്ഥസർത്തിയവൂർത്തി പാതുന ഹരി ഓ ശ്രദ്ധാത്രേയ വിഭാഗയോഗം എന്ന് ഈ പതിനേഴാമത്തെ അധ്യായത്തില് തപസ് യജ്ഞം ആഹാരം വിഷയങ്ങളൊക്കെ പറഞ്ഞു വരികയാണ് ഇതില് ഇന്നലെ നമ്മള് ആദ്യം തന്നെ തപസ് ഭഗവാൻ ഒന്ന് പ്രതിപാദിച്ചു അതിനുശേഷം ഇപ്പോ ഒരു വിധത്തിലെ ഒരു ചര്യ ഒരു ക്രിയായോഗത്തിനെ ഭഗവാൻ പറയാണ് ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൌചം ആർജവം ബ്രഹ്മചര്യം അഹിംസ ശാരീരം തപ ഉച്ച ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ക്രിയാഗം ശരീരത്തിന്റെയും വാക്കിന്റെയും മനസിന്റെയും ഒക്കെ സംയോഗം അതിനെവിടെ ഭഗവാൻ തപസ് എന്ന് പറയണു ഇതിനുമുമ്പ് ബഹവോ ജ്ഞാനതപസ്സാ ഭൂതാമദ്ഭാവമാഗതാഹ എന്ന് ജ്ഞാനത്തിന് തന്നെ തപസ്സായിട്ട് പറഞ്ഞു ഭക്തിയെ തപസായിട്ട് പറഞ്ഞു പന്ത്രണ്ടാമത്തെ അധ്യായത്തില് ജ്ഞാനതപസ് എന്നു പറയണത് തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിഞ്ഞ് ആ സ്വരൂപജ്ഞാനം മങ്ങാതിരിക്കണത് തന്നെ തപസ്സം ആത്മധ്യാനം തന്നെ തപസ്സം എല്ലാരും ആ ഒരു ലക്ഷ്യത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ശാരീരം വാചികം മാനസികമായ ശുദ്ധിക്കായിട്ട് സാധന ചെയ്യാൻ ആശിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം ആസ് എ സ്പിരിച്വൽ പ്രാക്ടീസ് എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴാണ് ഭഗവാൻ ഇവിടെ പടിപടിയായിട്ട് പറഞ്ഞു വരുന്നത് അതിൽ ആദ്യ പടി ശരീരത്തിന്റെ തലത്തില് ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൌചം ആർജവം ബ്രഹ്മചര്യമഹിംസാച്ച് ശാരീരം തപ ഉച്ച എന്ന് പറഞ്ഞു ഇപ്പോ നമുക്ക് ലിസ്റ്റ് ഇട്ട് നോക്കിയാൽ ആഹാരം യജ്ഞം തപസ് ഇതൊക്കെ കൂടെ ചേർന്നാലാണ് ഭക്തി ചിലർ പറയും ഞങ്ങൾക്ക് ഭക്തിയാണ് വേണ്ടത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേരുമ്പോഴാണ് ഭക്തി ഭക്തിയോഗത്തില് യജ്ഞം വേണം ഭക്തിയോഗത്തില് ആഹാരശുദ്ധി വേണം ഭക്തിയോഗത്തിൽ നമ്മൾ ഈ പറഞ്ഞ ദേവദ്വജ ഗുരുപ്രാജ്ഞ പൂജനം വേണം ഭക്തിയോഗത്തിൽ ഇതൊക്കെ വേണം പക്ഷെ ഭക്തി യോഗത്തിലെ ഒരു ലാഭം എന്താണ് എന്നുവെച്ചാൽ ഇതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് സാധിക്കണില്ല എന്ന് പറയുകയാണെങ്കിൽ ശരി ഭഗവാന്റെ നാമം ജപിച്ചോളാം ഭക്തി ഭഗവാന്റെ കൃപ കൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ നമ്മളുണ്ടോ ഒക്കെ നീങ്ങി നമുക്ക് എന്തൊക്കെയാണോ സാധിക്കേണ്ടതൊക്കെ സാധിച്ചോളും എന്ന് പറയും ഉദ്ധരാമി ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു അനുക്കാർമഹമജ്ഞാനമയാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത തോമഹം സമുദ്ധർ മൃത്യു സംസാരസാഗരാ ഭിരാത് പാർത്ഥ മയ്യവേശിതചേതസാ എനിൽ മനസ്സ് പ്രവേശിച്ചവരെ ജ്ഞാന് തന്നെ പിടിച്ചു ഉയർത്തിക്കൊണ്ടുവരുമർജുന അവർക്ക് എന്തൊക്കെ സാധനം വേണോ അതൊക്കെ ഞാൻ കൊടുക്കും ഗുരു വേണമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും ശാസ്ത്രം വേണമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും അവരെന്ത് മന്ത്രമാണോ ജപം ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞു കൊടുക്കും അവർക്ക് ഇന്ന തപസ്സൊക്കെ വേണമോ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അവരുടെ ബുദ്ധി ശുദ്ധമാവും സത്സംഗത്തിൽ അവർക്ക് രുചിയുണ്ടാവും അപ്പൊ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ ചിലർ പറയും ഞങ്ങൾക്ക് ഈ ഭക്തിമതി ഭഗവത്ഗീതയൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഭഗവാൻ പറഞ്ഞത് ഭക്തി ഉണ്ടെങ്കിൽ അവർ ഗീത പഠിക്കും ഗീതാർത്ഥം അവർക്കറിയും ഗീതാം ആശ്രിത്യ തിഷ്ഠാമി ഗീതാമേ ഉത്തമം ഗൃഹം ഭഗവാൻ പറയാണ് ഗീതാ മഹാത്മ്യത്തില് ഗീതയെ ആശ്രയിച്ചു കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഗീതയാണ് എന്റെ വീട് കൃഷ്ണനെ കാണണമെങ്കിൽ ഗീതയില് കാണണം ഗീതാമേ ഉത്തമം ഗൃഹം ഗീതാം ആശ്രിത്യ തിഷ്ഠാമി ഇത് ഗീതാമഹാത്മ്യം അപ്പൊ ഗീതയാണ് എന്റെ ഉത്തമമായ ഗൃഹം അപ്പൊ ഗീതയെ മാറ്റി നിർത്തിയിട്ട് ഭഗവാനെ എടുക്കാൻ പറ്റില്ല ശാസ്ത്രത്തിനെ തള്ളിക്കളഞ്ഞിട്ട് ഭഗവാനെ എടുക്കാൻ ഒക്കൂല പണ്ട് സ്വാമി ചിന്മയാനന്ദ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ പോയപ്പോ സിക്സ്റ്റീസിൽ പോയപ്പോ ഒരു അമേരിക്കൻ ഒരു വെള്ളക്കാരൻ വന്നിട്ട് എനിക്ക് ഗീത വിത്ത് ശങ്കര ഭാഷ്യത്തോടെ ഗീത വേണം അതെവിടെ കിട്ടും ചോദിച്ചു അപ്പൊ അന്നൊന്നും ഇത്രയധികം പുസ്തകങ്ങൾ പ്രചാരത്തിൽ വന്നിട്ടില്ല അപ്പൊ ചിന്മയാൻ സ്വാമി ഇന്ത്യൻ എംബസിൽ ഉള്ള ഒരാളോട് ചോദിച്ചു ഗീതയും ശങ്കരനെയും കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കാനായിട്ട് ഉടനെ അദ്ദേഹം ബുക്സ് ഉണ്ടോ ബുക്സ് എന്ന് പോലും പറഞ്ഞില്ല ഗീതയും ശങ്കരനും മലയാളിയാണ് അവിടെ ഒക്കെ മനസ്സിലാവുന്ന വിചാരിച്ചിട്ടാ പറഞ്ഞതെന്ന് അയാള് സ്വാമി ചോദിച്ചപ്പോൾ ആകെ പാടെ പരിഭ്രമിച്ചു ഒട്ടനെ അതിന്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു നോക്കുമ്പോ എന്താന്ന് വെച്ചാൽ അറുപതില് നെഹ്റു അമേരിക്കയിലേക്ക് രണ്ട് ആനക്കുട്ടികളെ അയച്ചു ഗീതയും ശങ്കരൻ നമ്മളുടെ ആളുകൾക്ക് ഉള്ള വിവരാണ് പറയണത് ഗീതയും ശങ്കരൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആനക്കുട്ടികൾ എന്ന് മനസിലാക്കാനുള്ള എന്നർത്ഥം അപ്പോ ഗീതാധ്യയനം എന്ന് പറയണത് നിത്യ തപസ്സാണ് വയസ്സായിട്ട് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കരുത് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഭഗവത് നാമം ജപിക്കുക ക്ഷേത്രദർശനം ചെയ്യാം ദേവപൂജ നാമസങ്കീർത്തനം ഗീതാപാരായണം പാരായണമൊക്കെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഒരു പ്രാക്ടീസാക്കി വയ്ക്കണം അത് കുറച്ച് കുറച്ചായിട്ട് അഭ്യസിച്ച് വെച്ചാൽ പിന്നെ സമയം വേണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനേ സമയമില്ല ഒരു ഗീതം മുഴുവൻ പാറായണ പഠിക്കരുത് പഠിക്കലല്ല പാറായണം ചെയ്യലാണ് പഠിച്ചാല് ഞാൻ വായിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറയും വായിച്ച് കഴിയലേ ഇല്ല നിത്യ പാരായണം അതിനാണ് നമ്മുടെ സ്വാധ്യായം എന്ന് പറയുന്നത് അതൊരു തപസ്സാണ് സ്വാധ്യവചനോല്ദ്ധി തദ്ധി തപസ് എന്താണെന്ന് നിരൂപണം ചെയ്ത് നിരൂപണം ചെയ്ത് മുദ്ഗലപുത്രനായ ഒരു ഋഷി പറഞ്ഞു പഠി പാരായണം ചെയ്യ അർത്ഥം പറഞ്ഞുകൊടുക്ക കു മക്കൾക്കോ ശിഷ്യന്മാർക്കോ പരമ്പരയായി ഈ ശാസ്ത്രത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകണതുണ്ടല്ലോ തദ് പ അതു തപസ്സാണ് വാൽമീകിയെ തന്നെ പറയണത് തപസ്വാധ്യായ നിരതം എന്നാണ് വാൽമീകി രാമായണം തുടങ്ങുമ്പോ തന്നെ വാൽമീകി എന്ത് ചെയ്തുകൊണ്ടിരുന്നു രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു തപസ് ചെയ്തുകൊണ്ടിരുന്നു അധ്യയനം ദിനം ദിവസം പാരായണം ചെയ്ത് ഉപനിഷത്തൊക്കെ നിത്യപാരായണത്തില് വെച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ പിൻബലം പ്രമാണം നമുക്ക് പുറകില് വേണം അത് ഇനി ഇപ്പോ ഉള്ള കാലത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കണു അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇത് അങ്ങനെ പറയാറില്ല എന്തിനാ പറയണ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ജനറേഷനിലുണ്ടായിരുന്ന ശാസ്ത്രവ്യുത്പത്തി ഇപ്പൊ പോയി ഇപ്പൊ അധ്യാത്മികം എന്നൊക്കെ ഒരുതരം വെളിച്ചപ്പാട് തുള്ളലായിട്ട് മാറിയിരിക്കുകയാണ് ഒരു ഡിസിപ്ലിൻ ആയിട്ടൊന്നും ഇല്ല ഒരു നിയതി ഇല്ല ആളുകൾ ഈ ഡ്രഗ് പോലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കിട്ടുമോ എന്നാണ് നോക്കണത് ജീവിതത്തിനെ മാറ്റിമറിക്കാൻ തയ്യാറല്ല മുഴുവനും ഭഗവാൻ കൊടുക്കാൻ തയ്യാറല്ല പെട്ടെന്ന് പോയി ഒരു മെഡിറ്റേഷനിലിരുന്ന് എന്തെങ്കിലും വെളിച്ചം വരുമോ കുണ്ടലിനീ ശക്തി മൂലാധാരത്തെന്ന് സഹസ്രാർഢത്തിലേക്ക് കയറുമോ അങ്ങനെ കയറിയാൽ എന്താവും അതിന്റെ പരിണത ഫലം ആലോചിക്കാൻ ആരും തയ്യാറല്ല എന്തോ ഒരു ഫാസിനേഷൻ പോലെ ധാരാളം ഉണ്ട് പക്ഷേ ഭഗവാൻ ഇവിടെ പറയണ തപസ് യു ഹാവ് ടു ഗിവ് ഹൺഡ്രഡ് പെർസെന്റ് പതുക്ക മതി ശനൈപരമേത്ത് ഭഗവാൻ പറഞ്ഞു പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ചിത്തത്തിനെയും ശരീരത്തിനെയും വാക്കിനെയും തന്നെ ധർമ്മത്തിന്റെ വരമ്പിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക ധർമ്മ്യാമൃതം ഇതം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധദാനാഹ മത്പരമാ ഭക്താസ്തേ അതീവമേ പ്രിയ ഭഗവാൻ പറഞ്ഞു ഈ ധർമ്മ്യാമൃതം ധർമ്മം എന്ന് പറയുന്നത് ഈ ഗീതയാണ് ഗീതയിൽ ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കണോ അതിൽ തള്ളാനൊന്നുമില്ല ഗീതയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഭാഗവതം പോലും ഭാഗവതം എടുത്താൽ പോലും ഭാഗവതത്തിൽ ദേവതാ വിഷ്ണുവായിട്ട് ധ്യാനിക്കണം കൃഷ്ണനായിട്ട് ധ്യാനിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ ഭഗവാൻ ഉപദേശം പറഞ്ഞു എന്നല്ലാതെ നിന്റെ സമ്പ്രദായം ഏത് സമ്പ്രദായമാണെങ്കിൽ അതിനകത്ത് വയ്ക്കാം ഭക്തിക്ക് പോലും ഡെഫിനേഷൻ കൊടുത്തില്ല നാമസങ്കീർത്തനം ജപം എന്നൊന്നും പോലും പറഞ്ഞില്ല ആന്തരികലക്ഷണത്തിനേ പറഞ്ഞുള്ളൂ വെറുക്കാതിരിക്കുക സമബുദ്ധിയോടു കൂടിയിരിക്കുക മൈത്രിഭാവത്തോടു കൂടിയിരിക്കുക ശാന്തിയോടെ ഇരിക്കുക നാസ്തികന് പോലും നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഒരു തപസ് ഋഷികൾ നമുക്ക് തന്നിട്ടുള്ള തപസ്സൽ ഒരു തപസ് ഈ സ്വാധ്യായമാണ് നമ്മൾ ഇനി അടുത്ത ഇതിൽ കാണും അടുത്ത തപസ്സില് ശരീരത്തിന്റെ തപസ്സാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ദേവപൂജനം ഭഗവാനെ പൂജിക്കാന്നുള്ളത് ശിവാനന്ദ ലഹരിയിലെ ആചാര്യസ്വാമി പറഞ്ഞു രാവിലെ മുതൽ രാത്രി വരയ്ക്കും ദേവപൂജെന്നാണ് കിിത് കാ മു പാദറവിന്ർച്ചനൈ കിിദ്ധ്യാന സമാതി കിിത് കഥകർണ്ണനൈ കച്ചി കച്ചിദവേക്ഷണൈശ്ച നദി കച്ചിദ്ദാമീദൃശീയുതി മുദർപ്പതമന ജീവൻ സമു ഖ അങ്ങനെ ഉള്ളവൻ ജീവൻ മുക്തനാണ് ആര് എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് നേരത്തെ എണീറ്റ് എഴുന്നേറ്റും എഴുന്നേക്കുമ്പോ തന്നെ ഭഗവാന കൊണ്ട് തന്നെ എഴുന്നേറ്റലെല്ലാം തൃപ്പാവൈ തിരുവമ്പാവടുവായേലെല്ലാം വെച്ചിട്ട് കാത്താല നാലു മണിക്ക് ബ്രഹ്മ മുഹൂർത്തത്തില് ആണ്ടാൾ ഹരി ഹരി അപേറവം ോഷണം ഒരു ഭക്ത എണിക്കവാദികൾ ശിവശിവ പടുക്ക എഴുപ്പി നദീ സ്നത്തു കൂട്ടി പോയി ശിവ ധ്യാനം പണലാം അപ്പിന് ഇപ്പൊ നീ പടുക്കല പടുത്തു തൂങ്ങറിയാ അപ്പീനു സഖിക ഒരു സഖിയെ എഴുപ്പറബോധ അത് സഖി അടുത്തിരിക്കോ ഉക്കാൻ ഓന്ന് അഴറക്കാ ഇവ ഭക്തോടെ വന്നിരിക്കുന്ന അഴറേ ഹൂർത്ത എഴുന്ന ഭഗവത്യാന ഭാവത്തോടെ മുഴിച്ച് എഴുന്നേ അമുക്ക് യോഗം സക്സസ്ഫുൾ ആറു അർത്ഥം നമ്മ യോഗം തൂങ്ങി എഴുന്ന അതൊരു ദിവ്യ ഭാവം ഇല്ലേ അപേ കൊട്ടാവിട്ടണ്ട് ചോന്ണ്ട് ഇന്നും തൂങ്ങിനാ തയ്യൽ ഉടമ്പ വലിക്കരുത് അപകം രോഗം എഴുന്നേക്കുന്നു കുറച്ചുക്ക് സ്നാനം ചെയ്തിട്ട് വരണു പുഷ്പൊക്കെ എടുത്തോണ്ട് വരണു ജലം എടുത്തുകൊണ്ട് വരണു ഭഗവാൻ അഭിഷേകം ചെയ്യണു പൂജ ചെയ്യണു കഞ്ചി ധ്യാന സമാധി കുറച്ചുനേരം ധ്യാനത്തിലിരിക്കണു ധ്യാനിക്കണമെന്നുള്ള ഭാവമില്ലാതെ സമാധിസ്ഥിതിയിലിരിക്കുന്നു സ്തോത്രങ്ങൾ ചൊല്ലുന്നു പാരായണം ചെയ്യുന്നു കഥാശ്രവണം ചെയ്യുന്നു വൈകുന്നേരം നാമസങ്കീർത്തനാദികളും സത്സംഗവും ഇങ്ങനെ രാത്രി വരയ്ക്കും ഇത് ദേവപൂജ അങ്ങനെ ആരുടെ ഇരുപത്തിനാല് മണിക്കൂറില് ഉറങ്ങാതിരിക്കുന്ന സമയം മുഴുവൻ ഇങ്ങനെ പോകണു അങ്ങനെ മരിക്കണവരെ റിട്ടയറായ ആളുകൾക്ക് നല്ല അനുഷ്ഠാനം ജോലിക്ക് പോണ ആളുകൾക്ക് ഇത് ചിലപ്പോൾ പ്രാക്ടിക്കൽ റിട്ടയർ ആയ ആളുകൾക്ക് ഇങ്ങനെ ജീവിക്കാമെങ്കിൽ ജീവിതം അമൃതമാവും ശാന്തി ഉണ്ടാവും അവർക്ക് ശാന്തി മറ്റുള്ളവർക്ക് വളരെ ശാന്തി ദുർവാസനാ പ്രതീകാരദശകം എന്ന് പറഞ്ഞ ഒരു ശ്ലോക പത്ത് ശ്ലോകങ്ങളുണ്ട് അതിലൊരു ശ്ലോകം തന്നെ എങ്ങനെയാണ് പ്രാതൈദികദനുസദ്ദാത്തസഞ്ചിന്തയാ പശാത് ഭാരത മോക്ഷധർമ്മ മനനാത് വാസരാമായണാത്ത് സയം ഭാഗവതയാം രാത്രോ നിതിധ്യാസന ഛ ശരീരഭണം പ്രബ്ധാർപ്പിതം പ്രാരബ്ധം നമ്മൾക്ക് ഇത്ര ആയുസ് എന്ന് പറഞ്ഞൊരു സ്പാൻ എല്ലാവർക്കും വെച്ചിട്ടുണ്ട് ലൈഫിൽ ഒരു ഭക്തൻ പറയാണ് ഞങ്ങളുടെ പ്രാരബ്ദം കഴുത്തിലിട്ട ഈ കാലയളവ് ഞങ്ങൾ എങ്ങനെ കഴിക്കണോന്ന് വെച്ചാൽ പ്രാതർവൈദിക രാവിലെ എണീറ്റ് സന്ധ്യാവന്തന അനുഷ്ഠാനങ്ങളെ നമസ്കാരം ജപം പിന്നെയോ തനുസദ്വേദാന്തസഞ്ചിന്തയാദാന്ത വിചാരം പശ്ചാത്ത് പിന്നീട് ഭാരതമോക്ഷധർമ്മമനാത്ത് ഭാരതത്തിലുള്ള മോക്ഷധർമ്മം ഭഗവത്ഗീത മോക്ഷപർവത്തിലുള്ള അനേക ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ഭാരതത്തില് അതൊക്കെ മനനം ചെയ്യണമെന്ന് വാസിഷ്ഠരാമായണാത് പിന്നീട് വാസിഷ്ഠം യോഗവാസിഷ്ടം സായം വൈകുന്നേരം എന്ത് ചെയ്യുന്നു ഭാഗവതാർത്ഥ ദിവ്യകഥയാം ഭാഗവതത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞ് ഭഗവത് ഭക്തി കഥാശ്രവണം ചെയ്തുകൊണ്ട് രാത്രിയിലോ രാത്രിധ്യാസനാത് വേദാന്ത വിചാരം ചെയ്ത് ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മധ്യാനപരനായിട്ട് ഇരിക്കണം ഇങ്ങനെ ദിവസം ഇത് തന്നെ റൂട്ടീൻ അങ്ങനെ കുറെ കാലം കഴിയുമ്പോ എന്തായി കാലോ ഗതി ശരീരഭരണം പ്രാബ്ദകണ്ഠാർപ്പിതം പ്രാരബ്ദം ഞങ്ങൾക്ക് വിധിച്ചതെന്നിട്ടുള്ള ആയുസ് ഉണ്ടല്ലോ ഇങ്ങനെ സുഖമായിട്ട് ധ്യാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കും ഇതാണ് ദേവപൂജ ഇതിന്റെ കൂടെ ദ്വിജപൂജ ഗുരുപൂജ ജ്ഞാനികളെ ജീവൻ മുക്തന്മാരായ മഹാപുരുഷന്മാരെ ആദരിക്കല് ഇതിനൊക്കെ മുമ്പ് ശൗചം സ്നാനം ം ഋജുഭാവം ശരീരത്തിന് ഋജുവായി വെക്കുന്നത് ധ്യാനത്തിന് യുക്തമായിട്ട് ഭഗവാൻ പറയണം ശരീരത്തിന് ഋജുഭാവത്തിൽ വയ്ക്ക സത്സംഗത്തിലിരിക്കുമ്പോൾ തന്നെ കാണാം മനസ്സ് ശാന്തമായ ശരീരം ഋജുവവും ആളുകൾ ഇരിക്കുന്നത് കണ്ടാ അറിയാം അവര് കേൾക്കണുണ്ടോ ഇല്ലയോന്ന് മനസ്സ് ഹൃദയസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും വഴങ്ങി കുഴഞ്ഞൊക്കെ ഇരിക്കും മനസ്സ് ഹൃദയസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അധ്യാത്മ സ്ഫൂർത്തി ഉണ്ടായിത്തുടങ്ങുമ്പോൾ തനിയെങ്ങനെയിരിക്കും പറയൊന്നും വേണ്ട സ്ട്രെയ്റ്റ് ആയിട്ട് അവരുടെ ശരീരം തന്നെ അപ്പൊ കാണാം ഈ മൂലാധാരത്തിന് ശക്തിയുടെ സ്രോതസ് എന്ന് പറയണതൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കലല്ല അൺകോൺഷ്യസ് ആയിട്ട് അതങ്ങോട് വരും അതങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും ആർജ്വം ഉണ്ടാവും അപ്പൊ ഈ ഇമ്പാക്ട് നമുക്ക് കാണാം ശരീരത്തിൽ സത്സംഗത്തിന്റെ ഇമ്പാക്ട് ശരീരത്തിൽ പോലും എത്ര ഉണ്ടോ എന്ന് കാണാം മനസ്സിൽ മാത്രല്ല ശരീരം അപ്പൊ സ്ട്രേറ്റ് ആവും ആർജവം ഒരു വക്രതയില്ല കുടിലതയില്ല ഈ ശരീരം കൊണ്ട് ഒരു ദോഷം ചെയ്യില്ല ആർക്കും ശാസ്ത്രം വിധിച്ചടി ആ ശരീരം ഒരു തപസ്സിൽ ഒരു ഡിസിപ്ലിനില് ജീവിക്കണു അതാർജമം ബ്രഹ്മചര്യത്തിന് യഥാവിധി അവരവരുടെ ആശ്രമധർമ്മത്തിനനുസരിച്ച് എങ്ങനെ ബ്രഹ്മചര്യം വേണമോ അതുപോലെ ബ്രഹ്മചര്യത്തിനെ അനുഷ്ഠിക്കണു ഒരു പ്രാണിയെയും ഹിംസിക്കണില്ല ദ്രോഹിക്കണില്ല ഇങ്ങനെയൊക്കെ ഒരാൾക്ക് യഥാശക്തി ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്സാണ് ഇപ്പം എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ തപസ്സെന്ന് വെച്ചാൽ ചില ആളുകൾ പറഞ്ഞ പോലെ ഒറ്റക്കാലിൽ നിൽക്കുന്നതും മാണിയിൽ നിൽക്കുന്നതും ഒക്കെ തപസ്സായിട്ട് ധരിക്കും ഭഗവാൻ ഡെഫനിഷൻ തന്നു നമുക്ക് ജീവിതത്തിന് മുഴുവൻ ഒരു ഓർഡറിൽ ഇടാനായിട്ടുള്ള ഒരു മാർഗദർശനമാണ് തപസ് തപ പത പതിതമായ സ്ഥിതിയിൽ നിന്നും നമ്മളെ വീണ്ടും പെർഫെക്റ്റ് പ്ലേസില് ഇരുത്തുന്നതാണ് തപസ് അതിനാദ്യ പടിയായിട്ട് ശരീരമണ്ഡലത്തിലെ ആളുകൾ ചോദിക്കും എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ ഇപ്പൊ പറഞ്ഞു തന്നു കുറെ ജപം ചെയ്യ പൂജ ചെയ്യ നിങ്ങള് അധ്യാത്മ സാധന വെച്ചാൽ ചെയ്തോളൂ അതിലും ഫലത്തിനെ ഒന്നും ഇച്ഛിക്കാതെ എനിക്ക് എന്ത് കിട്ടിയെന്നൊന്നും ചോദിക്കരുത് ഭഗവത് പ്രസാദം ഭഗവാൻ സന്തോഷിക്കട്ടെ ഇതിനൊക്കെയാണ് നമുക്കൊരു ഒരു വഴി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗുരു പറഞ്ഞു ഞാൻ ചെയ്യണു ശാസ്ത്രം പറഞ്ഞു ഞാൻ ചെയ്യണു അത്രയേ ഉള്ളൂ ഈ ആന്തരികമായ വിഷയങ്ങളൊന്നും പെട്ടെന്ന് ഫലം അറിയില്ല ഇപ്പൊ ആയുർവേദ മരുന്ന് തന്നെ രസായനമൊക്കെ കഴിക്കാൻ തുടങ്ങി അവർ പെട്ടെന്നൊന്നും നിങ്ങൾ ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കുക കുറെ കഴിയുമ്പോഴാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുക അങ്ങനെ ഉള്ളപ്പോ ഈ ജപധ്യാനാദ്യ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ നാല് ദിവസം ചെയ്തിട്ട് കണ്ണാടിയിൽ പോയി നോക്കുകയാണ് ഒരാൾ എന്തിനാണ് തേജസ് വന്നിട്ടുണ്ടോ എന്ന് ആരോ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു ലൈറ്റ് കാണും അതും എന്തും കാണുന്നുണ്ടോ ശാന്തി ഉണ്ടോ എന്ന് നോക്കും സമാധാനം ഉണ്ടോ എന്ന് നോക്കും അതുപോലും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഉള്ളിലുള്ള കുപ്പയൊക്കെ പോണല്ലോ അപ്പൊ അധ്യാത്മ അനുഷ്ഠാനം തുടങ്ങുമ്പോ ആദ്യം തന്നെ ശാന്തി സമാധാനം ഒന്നും വരില്ല ഉള്ളിലുള്ളതൊക്കെ എടുത്ത് കളയണല്ലോ മുക്കൂടെ പൊന്തി വരും അപ്പൊ ചിലപ്പോൾ നമ്മൾ പേടിച്ചു പോവും ഞാൻ ഇതിനു മുമ്പ് ഇനീ നന്നായിരുന്നു ഇപ്പോഴാണ് അപ്പൊ അ ചീത്തയായിട്ട് പോയിരിക്കണത് മുമ്പ് കുറച്ചുകൂടെ വേണ്ടില്ലായിരുന്നു ഇപ്പൊ ധ്യാനിക്കാനും ജപിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലുള്ള ചളിയൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര കണ്ടില്ല അതിന്റെ ഒക്കെ തോളില് കൈയിട്ട് നടക്കായിരുന്നു അവരൊക്കെ നമുക്ക് വിരോധികളാണെന്ന് അറിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണില്ല വന്നുകൊണ്ടേ നമുക്ക് ഡിസ്റ്റർബൻസ് തോന്നണം അത്രേയുള്ളൂ ഉള്ളിൽ അപ്പോ ഇതൊക്കെ അറിയാതെ വിഷമിക്കുമ്പോ എന്താ വഴി ശാസ്ത്രം അതാണ് ഭഗവാൻ ഗുരു പ്രാജ്ഞ ഗുരുവിന്റെ അടുത്ത് പോയി ചോദിക്കണം അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടുള്ളവരെ കാണുകയും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോ അറിയാം അവർക്കും നമ്മളെ പോലത്തെ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഇപ്പൊ കൊടുവായിരുന്ന പാലക്കാട്ടേക്ക് വരുമ്പോ ഇന്ന വരണം എന്ന് പറയണത് വഴി അറിയണ പോലെ ഈ അധ്യാത്മ സാധനയിലും ഒരു ഇന്നർ റൂട്ട് എല്ലാവരും നടന്നുപോയ പാത അവർക്ക് ഇന്ന വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തരണം ചെയ്തു തന്നെ പോകണം എന്നൊക്കെ പ്രാജ്ഞന്മാരുടെ സമ്പർക്കം കൊണ്ട് മനസ്സിലാവും ശൗചം എന്ന് പറഞ്ഞാൽ വേറെ ഒരർത്ഥം ധർമ്മം ധർമ്മം ധർമ്മത്തിനും ജ്ഞാനത്തിനും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ധർമ്മം അനുശാസനത്തിന് വഴങ്ങിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ധർമ്മം അത് സ്വഭാവമായിട്ട് തീർന്നു കഴിഞ്ഞാൽ ജ്ഞാനം ഇപ്പൊ ചിലതൊക്കെ അനുശാസനത്തിന് വഴങ്ങി നുണ പറയരുത് ഉള്ളിൽ നുണ പറഞ്ഞാലോ തോന്നുന്നുണ്ട് ചില കാര്യത്തില് നുണ പറഞ്ഞാൽ നമുക്കിപ്പോ രക്ഷപ്പെടാം പാടില്ല എന്താന്ന് വെച്ചാൽ സത്യം വത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സത്യമേ പറയുള്ളൂ ഇത് ധർമ്മം ധർമ്മത്തിൽ മനസ്സ് മുഖ്യമല്ല ബുദ്ധിയിലുള്ള നിശ്ചയമാണ് മുഖ്യം മനസ്സിൽ പലതും തോന്നും മനസ്സ് പറയുന്നതിനനുസരിച്ച് ഞാനൊന്നും ചെയ്യില്ല ശാസ്ത്രം അനുശാസിക്കുന്നതിനനുസരിച്ചോ ഗുരു പറയുന്നതിനനുസരിച്ചോ കർത്തവ്യമേവേത്തി എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യില്ല നല്ലതേ ചെയ്യുള്ളൂ നല്ലത് പലപ്പോഴും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ നിങ്ങൾക്ക് ശാസ്ത്രമൊന്നും വേണ്ട നിങ്ങൾ ചെയ്തോളും ഇഷ്ടപ്പെട്ടത് അധികം അധികവും നല്ലതായിരിക്കില്ല ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ മനസ്സിന്റെ ബലമുണ്ട് സപ്പോർട്ടുണ്ട് ചിലപ്പോൾ നല്ലത് ചെയ്യാൻ മനസ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല നല്ലത് ചെയ്യാൻ നമുക്ക് ശാസ്ത്ര അനുശാസനമാണ് സപ്പോർട്ട് ധർമ്മമാണ് സപ്പോർട്ട് ആ സപ്പോർട്ട് എടുത്തുകൊണ്ട് ശാസ്ത്രം പറയണു ഞാൻ അനുസരിക്കണം മഹാപുരുഷന്മാർ പറയണു ഞാൻ അനുസരിക്കുന്നു ഗുരു പറയണു ഞാൻ അനുസരിക്കണം ജപിക്കൂ നാമജപം ചെയ്യൂ എന്ന് ഗുരു പറഞ്ഞു ഞാൻ ജപിക്കണു എന്റെ മനസ്സൊന്നും പറഞ്ഞേ കേൾക്കണില്ല മനസ്സ് പറയണു ഈ നേരം കൊണ്ട് ടി കണ്ടൂടെ ചോദിക്കും സിനിമ കണ്ടൂടെ ഇത്തിരി ഉറങ്ങൂ എന്നൊക്കെ മനസ്സ് പറയും അപ്പോ നമ്മൾ ഇത്ര കാലം ഇയാൾ പറയണത് കേട്ടിട്ടാണ് ജീവിച്ചിരിക്കുന്നത് ഈ മനസ്സെന്ന് പറയണ ഒരു സാമഗ്രിയുടെ ഹെൽപ്പോട് കൂടിയാണ് ജീവിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആദ്യമായി യോഗത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ആദോ മനസഹ അസംഗം പുനസംഗം സാധുഷു ഭാഗവതം പറഞ്ഞു രണ്ടു കാര്യം നീ ചെയ്യണമെന്ന് ഒന്ന് മനസ്സിന്റെ അടുത്ത് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ ആളുകള് ഭാര്യയും ഭർത്താവിനെയും ഒക്കെ ഡൈവേഴ്സ് ചെയ്യണു ഡൈവേഴ്സ് ചെയ്യേണ്ടത് ഈ നിർഗുണോ നിശ്ചലോ നാഥ സഗുണ ചഞ്ചലവധൂ ദാമ്പത്യോരനയോനം രസഭംഗോ ഭവിഷ്യത്തി നിർഗുണോ നിശ്ചലോനാഥ ഭർത്താവ് നിർഗുണൻ നിശ്ചലമായിട്ടിരിക്കും സഗുണ ചഞ്ചലാവധൂ ഭാര്യ ഉണ്ടല്ലോ എല്ലാ ദോഷങ്ങളും ഉണ്ട് ചഞ്ചലയാണ് ഒരു രണ്ടുപേരും കൂടെ ഒരു വീട്ടിൽ ബഹളാണ് അതാണ് നമ്മളുടെ ശരീരം അപ്പൊ ഡൈവേഴ്സ് ഇവിടെ അറിയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മനസ്സിനെ മനസ്സിൽ പലതും തോന്നിക്കോട്ടെ അനുഷ്ഠാനം ചെയ്യാനിരിക്കുമ്പോ ഞാനിതാ പൂജ ചെയ്യാൻ പോണു മനസ്സെ നീ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ ചിന്തിച്ചോളൂ ആദ്യമൊക്കെ ഭക്തിയോടെ പൂജ ചെയ്യണ്ടേ എന്നാളുകൾ ചോദിക്കും ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കണത് മനസ്സിന്റെ ഒരു വികാരമാണ് അത് എപ്പോഴും നിൽക്കില്ല അതുകൊണ്ട് ശാസ്ത്രം അനുശാസിക്കണം പൂജ ഇന്ന പോലെ ചെയ്യണം അത് ചെയ്തോണ്ടേ ഇരിക്കുന്നു ചില ദിവസം മനസ്സ് വന്ന് ഞാനും ഉണ്ട് കേട്ടോ നിന്റെ കൂടെ പൂജയ്ക്ക് ഇരുന്നോ അടുത്ത ദിവസം മൂപ്പര് പറയും വരണോ എന്റെ കൂടെ വരണോ ഇല്ല എനിക്ക് പൂജ ചെയ്യണം അല്ല ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് പൂജയ്ക്ക് വന്നില്ല ഇന്ന് എന്റെ കൂടെ ആവാ വിളിക്കും പോയാ പോയി മൂപ്പര് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടേ കൂട്ടിക്കൊണ്ടു വരള്ളൂ അതുകൊണ്ട് മനസ്സിനോട് സംഘം വേണ്ട മനസ്സിനോട് നോൺ കോപ്പറേഷൻ മൂമെന്റ് അതാണ് വേണ്ടത് അവിടെ മനസ്സിനോട് ഒരു സമ്പർക്കമില്ല മനസ്സിനോട് അസംഘം സാധു സംഘം അത് ആഡഡ് ഫോഴ്സാണ് മഹാപുരുഷ സമ്പർക്കം സത്സംഗം ഗുരുവിന്റെ അടുത്തുള്ള സംഘം ഗുരു മനസ്സിനെ അകറ്റി നിർത്താൻ നമുക്ക് സഹായിക്കുന്ന ഒരു ഫോഴ്സാണ് അതുകൊണ്ട് ഗുരു പറഞ്ഞ അനുശാസനത്തിനനുസരിച്ച് ജീവിക്കണു അങ്ങനെ കുറെ കാലം ജീവിച്ചാൽ ഒരു ഫോഴ്സുള്ളിൽ വരും നോൺ മെന്റൽ ഫോഴ്സ് ഇംപേഴ്സണൽ ഫോഴ്സ് അതിനെയാണ് നമ്മൾ തപസ് എന്ന് പറയണത് മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പവറല്ല മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന ശക്തിയല്ല മനസ്സിനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് മനസ്സ് പറയണത് കേൾക്കാതിരിക്കാനുള്ള ഒരു പവർ ഡെവലപ്പാകും ആ പവറാണ് തപസ് എന്ന് പറയുന്നത് നിവൃത്തിപരമായ ശക്തി നമുക്കിപ്പോ കേട്ടിട്ടുണ്ടാവു നമ്മൾ പറയണത് മെന്റൽ ഫോഴ്സ് അതാണ് നമ്മളുടെ ബുദ്ധിയിൽ മുഴുവൻ ഇരിക്കുന്നത് മൈൻഡിന്റെ ശക്തി ഞാൻ ഇപ്പൊ പറയണത് മൈൻഡിന്റെ ശക്തിയെ അല്ല മൈൻഡ് പറയണത് അനുസരിക്കാതെ കുറെ കാലം പഴകി കഴിഞ്ഞാൽ ഒരു ശക്തി വരും അതിനെയാണ് ഊർജം എന്ന് പറയണത് ഓജസ് എന്ന് പറയണത് തേജസ് എന്ന് പറയണത് അപ്രദർഷ്യത